പത്ത് അടിക്കു പന്നി പോയി നിൻ മുടിക്കൊരന്നവും പറ അടുത്തു കണ്ടതില്ല നിന്നെ ഇന്നും അഗ്നിശൈലമേ എടുത്തു നീ വിഴുങ്ങി എന്നെ ഇന്ദ്രിയങ്ങളോടുടൻ മിച്ചിടും നമ ശിവായ നിങ്ങളുടെ പുസ്തകത്തിൽ വിളങ്ങി എന്നെ എന്നത് മാറ്റിയിട്ട് വിഴുങ്ങി എന്നെ വിഴുങ്ങി എന്നെ അങ്ങനെയാ നിങ്ങൾ ചൊല്ലുന്നതും കേട്ടത് ഇതിലെഴുതിയിരിക്കുന്നത് വിഴുങ്ങി എന്നെ വിളങ്ങി മാറ്റി വിഴുങ്ങി ഇത്രയേ ഉള്ളൂ വ്യത്യാസം അടിക്കുപന്നി പോയി നിൻ മുടിക്കൊരന്നവും പറന്ന് അടുത്തു കണ്ടതില്ല നിന്നെ ഇന്നും അഗ്നിശൈലമേ എടുത്തു നീ വിഴുങ്ങിയെന്നെ ഇന്ദ്രിയങ്ങളോടുടൻ നടിച്ചിടും നമ ശിവായ നായക നമോ നമാം നല്ല ഭക്തിയോടെ ഈ അവസാനത്തെ ശ്ലോകം ചൊല്ലിയാൽ നമശിവായ പഞ്ചാക്ഷരം വൈദികമായ പഞ്ചാക്ഷരം വൈദിക മന്ത്രങ്ങളിൽ ശ്രേഷ്ഠം പഞ്ചാക്ഷരമാണ് വൈദിക മന്ത്രങ്ങൾ വളരെ കുറവാണ് നിങ്ങൾ ജപിക്കുന്ന പല മന്ത്രങ്ങളും വൈദികമല്ല അവൈദികമാണ് ഗായത്രി വൈദികമാണ് നമശ്ശിവായ വൈദികമാണ് ആ പഞ്ചാക്ഷര മന്ത്രം അതാ അക്ഷരങ്ങളെ യോജിപ്പിച്ച് എടുത്ത് നീ വിഴുങ്ങി ഇന്ദ്രിയങ്ങളോടുടൻ നടിച്ചിടും നമശിവായ നായക നമോ നമായെന്ന് ഭക്തി പാരവശ്യത്തോടെ ചൊല്ലുമ്പോൾ നിങ്ങളുടെ തന്തുക്കളിലൊരു പരിണാമം സംഭവിക്കും അങ്ങനെയാണ് അതിൻ്റെ യോജിപ്പ് അതുകൊണ്ടാണ് ഇതിൻ്റെ ആദ്യത്തെ ശ്ലോകങ്ങളിൽ തന്ത്രാഗതമങ്ങളുടെ ഇരിപ്പുണ്ട് എന്ന് ഞാൻ സൂചിപ്പിച്ചത് ശൈവ തന്ത്രാഗമപ്രധാനങ്ങളായ സ്വരവിന്യാസങ്ങളിതിൽ നിഹിതമാണ് കേരളം അപൂർവമായി ദർശിച്ചിട്ടുള്ള അനുഭൂതി സമ്പന്നന്മാരുണ്ട് അതിലൊരാളാണ് നാരായണഗുരു വളരെ അപൂർവമായി മാത്രം സംഭവിക്കുന്ന കാരണം അനുഭൂതിയുടെ ലോകങ്ങൾ വാക്കിൻ്റെ ലോകങ്ങൾ വരെ ആനുഭൗതിക പ്രപഞ്ചമെന്നൊന്നുണ്ട് അത് യുക്തിയുടെ ലോകമല്ല അതൊരു വൈകാരികതയുടെ ലോകമാണ് പരാജയങ്ങളൊക്കെ ഏറ്റുവാങ്ങിയ ഒരാൾ സ്ത്രീയോ പുരുഷനോ എല്ലാ വേദനകളോടും കൂടി തൻ്റെ പെറ്റ മാതാവിൻ്റെ മടിയിൽ വന്നൊന്ന് കിടക്കുമ്പോൾ ആ വിരലുകൾ അവൻ്റെ തലമുടിക്കിടയിലൂടെ തഴുകി അവൻ പോയ ലോകങ്ങളെ ഒന്നും ഓർമ്മിപ്പിക്കാതെ അവൻ പറയാനൊരുങ്ങിയാൽ തന്നെ അവനെ ഏതോ അജ്ഞേയമായൊരു ശൈശവത്തിലേക്ക് നിഷ്കളങ്കമായി കൂട്ടിക്കൊണ്ടു പോകാൻ കാമനയുടെ ഒരു ലോകവും തുറന്നു വയ്ക്കാത്ത കുറ്റപ്പെടുത്തലുകളുടെ ഒരു വാക്കുമില്ലാത്ത ഒരു മടിത്തട്ട് സർവസ്നേഹത്തിൻ്റെയും ഒരു മടിത്തട്ട് നിങ്ങൾ അല്പനേരം ഒന്ന് സങ്കല്പിച്ചാൽ അത് വിചാരത്തിൻ്റെ ലോകമല്ല ഒരു വികാരത്തിൻ്റെ ലോകമാണെന്ന് മനസ്സിലാവും അവിടെ നിങ്ങളുടെ വൈകാരിക തന്തുക്കൾ അത്രയും ഇമോഷൻസ് അവാച്യമായ അനുഭൂതിയെ പുലുകാതിരിക്കില്ല അമ്മായി റൈറ്റ് ശരിയല്ല ഒരമ്മ കൈത്തലം കൊണ്ട് സമ്മാനിപ്പിച്ച അമ്മയാണെങ്കിൽ അവൾ ഒരിക്കലും നിങ്ങളുടെ പരാജയത്തെക്കുറിച്ച് നിങ്ങൾ പറയാനൊരുങ്ങിയാൽ പോലും അവളതിൽ ഇമ്പോർട്ടൻസ് കൊടുക്കില്ല കാരണം അവർക്ക് നിങ്ങളുടെ ലാഭനഷ്ടങ്ങളൊന്നും സങ്കല്പത്തിലില്ല നിങ്ങൾക്ക് ഓർമ്മയുണ്ടെങ്കിൽ നിങ്ങളിലെ പ്രായമായവരുടെ കുട്ടിക്കാലം ഓർത്താൽ മതി ഏത് കുഴപ്പം പിടിച്ച കേസ് കെട്ടുമായി എത്തിയാലും ഒരു പത്ത് മിനിറ്റ് ആ മടിത്തട്ടിൽ കിടക്കുമ്പോഴേക്ക് പ്രശ്നങ്ങളൊക്കെ തീർന്ന പോലൊന്നും തോന്നും ശരിയല്ല ഓർമ്മയില്ല പ്രായമായവർക്കും ഓർമ്മയില്ല ഇങ്ങനെ കിടന്നിട്ടുള്ളത് ഇല്ല ഉണ്ട് നിങ്ങൾ പഠിക്കാനോ ബുദ്ധി വികസിക്കാനോ ഒക്കെ വേണ്ടിയുള്ള പുസ്തകമൊക്കെ തുറന്ന് വെച്ച് വിളക്കമൊക്കെ എത്തിച്ച് പഠിക്കുകയാണെങ്കിൽ ആ അമ്മ ഒന്ന് പതുക്കി അത് ഊതിക്കെടുത്തു മതി കിടന്നുറങ്ങിവരൊക്കെയാണെങ്കിൽ ഒരു പണി രണ്ട് പാത്രത്തിൽ വെള്ളം കൊണ്ടുവന്ന് രണ്ട് കാലും എടുത്ത് വെള്ളത്തിൽ ഇറക്കി വെച്ച് അഞ്ഞൂറിൻ്റെ ബൾബൊരെണ്ണ ഇട്ടുകൊടുത്ത് പഠിക്കടാ ഇരുന്ന് ഉറങ്ങുന്നു എന്നിട്ടൊരു വടിയായിട്ട് മുമ്പി നീക്കി അമ്മയിൽ നിന്നും അമ്മിയിലേക്കുള്ള പരിണാമമായത് ശിവത്തിൽ നിന്ന് ശവത്തിലേക്കുള്ള പരിണാമം പതിനെട്ട് തമ്മി വലിയ വ്യത്യാസമൊന്നുമില്ല ഈ പരിണാമമാണ് വികാരത്തിൽ നിന്ന് പരിണാമം ഭക്തി ഒരു വൈകാരിക സായുജ്യത്തിൻ്റെ ലോകമാണ് അത് മോക്ഷകാരണങ്ങളിൽ സർവശ്രേഷ്ഠമാണ് അത് ആനന്ദമാണ് ബുദ്ധിയെ അവിടെ കൊണ്ടൊന്നാണ് ചേർക്കേണ്ടത് അനാഹതത്തിൽ കൊണ്ടുവന്ന് ചേർക്കണം ബുദ്ധിയെ മുകളിലേക്ക് കൊണ്ടുപോയാൽ അത് ആഹതമായിത്തീരും ഈ സംഭാവ്യമായ വൈദിക മന്ത്രാങ്കിത സംസ്കൃതിയുടെ സ്വരവിന്യാസ ചിന്തനം ഗുരുദേവൻ ഈ അവസാനത്തെ ശ്ലോകത്തിലാണ് സമന്വയിച്ചിരിക്കുന്നത് ഓം നമശിവായ പഞ്ചാക്ഷരമാണ് മന്ത്രങ്ങളിൽ സർവശ്രേഷ്ഠമാണ് അതതിൻ്റെ അങ്കന്യാസ കരന്യാസാദികളോടുകൂടി ഉപാസിച്ചാൽ മോക്ഷപ്രദവുമാണ് അവിടെയാണ് കൊണ്ടുവന്ന് സമന്വയിപ്പിക്കുന്നത് സമന്വയിപ്പിക്കുന്നതോ സമുജ്വലമായൊരു ബിംബത്തോടു കൂടിയാണ് അതീവ സമുജ്വലമായ നോക്കാം അഗ്നിശൈലമേ അല്ലയോ ജ്യോതിർലിംഗമേ ശ ജ്യോതിർലിംഗങ്ങളാണ് ക്ഷേത്രങ്ങളായ ഇന്ത്യയിലുള്ളത് ഇതിലൊരെണ്ണം ഇപ്പേതാണ്ട് മുങ്ങിയെന്ന് തോന്നുന്നു നർമ്മദ വന്നതോടുകൂടി ഭക്തന്മാരെയൊന്നും അത് വിഷമിപ്പിച്ചില്ല കാരണം എല്ലാവരും ചേർന്നുണ്ടാക്കിയതാണല്ലോ ഭാരതം ഒരിക്കലും ചെയ്യാത്ത വെള്ളക്കച്ചവടത്തിന് അല്ലേ അന്നവും വെള്ളവും വിൽക്കരുതെന്ന് പഠിപ്പിച്ചൊരു സംസ്കാരത്തിനകത്ത് വെള്ളം യൂറോപ്പിന് വിൽക്കാൻ അങ്ങനെ അല്ലേ ഏ അറിയില്ല ഒരാൾക്കും അറിയില്ല ഏ ആ മെയിനായിട്ടുള്ളത് വെള്ളക്കച്ചവടം പച്ചവെള്ളം ഒരേ കുപ്പിയിലാക്കി വിറ്റ് ജീവിക്കേണ്ടി ഒരു തലമുറയുടെ പണ്ട് കാരണവന്മാർ പറഞ്ഞപ്പോൾ ഇത് നടപ്പാവെന്ന് വിചാരിച്ചിരുന്നില്ല എടാ നോക്കിക്കൂ നീയൊക്കെ ഈ വെള്ളം വാങ്ങിച്ചു കുടിക്കേണ്ട ഒരു ദിവസം വരുമെന്ന് വെള്ളം കുപ്പിയിലാക്കി റെഡിയാക്കിയിട്ട് മനോരമ നിങ്ങളോട് പറഞ്ഞു കഴിഞ്ഞു കേരളത്തിലെ മുഴുവൻ കുളത്തിലും മുഴുവൻ കിണറ്റിലും മുഴുവൻ സ്രോതസ്സിലും കോളിഫാം ബാക്ടീരിയയാണ് അത് എല്ലാ അളവുകളെയും ലംഘിച്ചിരിക്കുന്നു അതുകൊണ്ട് നിങ്ങൾക്ക് കോളിഫാം ബാക്ടീരിയ കൂടാതെ വെള്ളം കുടിക്കാൻ ഞങ്ങളിതാ കുപ്പിയിൽ തരാൻ പോകുന്നു അരങ്ങ് തകർക്കാവുന്നതാണ് ഒരു വെള്ളക്കച്ചവടം അട്ടശൂലാ ജനപദാഹ എന്ന് നാരദൻ കണ്ടതുവരെ പറയുന്ന പ്രാചീനൻ്റെ സംസ്കൃതിയിൽ അന്നവും വെള്ളവും ഒരിക്കലും വിൽക്കരുതെന്ന് പഠിപ്പിച്ചൊരു സംസ്കൃതിയിൽ അതിനുവേണ്ടി തയ്യാറായപ്പോഴേക്കാണ് ആ ഒരു ജ്യോതിർലിംഗവും വെള്ളത്തിലായി കൊണ്ടിരിക്കുന്നത് സന്ദർഭം വന്നപ്പോൾ ഒരല്പം വാൽകൃഷ്ണം പറഞ്ഞു എന്നേ ഉള്ളൂ നമ്മുടെ വിഷയമല്ല ഇത് ജ്യോതിർലിംഗമേ അഗ്നിശൈലമേ അഗ്നിശൈലം അഗ്നിപർവ്വതം ജ്യോതിർലിംഗത്തെയാണ് വിളിക്കുന്നത് ഈ ജ്യോതിർലിംഗത്തിനൊരു പ്രത്യേകതയുണ്ട് അല്ലയോ ജ്യോതിർലിംഗമേ അടിക്കു പന്നി പോയി നിൻ മുടിക്ക് ഒരന്നവും പറന്നു നിന്നെ അളക്കുന്നതിന് വേണ്ടി നിൻ്റെ ആരംഭമറിയുന്നതിന് വേണ്ടി ഒരു പന്നി നിന്നെ അന്വേഷിച്ച് താഴേക്ക് പോയി വെള്ളത്തിനടിയിലെ കൂളിയിട്ട് പോയി ഒരു വരാഹം ഒരു പന്നി നിൻ്റെ ആരംഭമറിയാൻ താഴേക്ക് പാഞ്ഞു ഭൂമി കുഴിച്ചു കുഴിച്ച് തേറ്റയുണ്ടല്ലോ ഉണ്ട് ഭൂമിയെ കുഴിച്ചു കുഴിച്ച് പന്നി കുഴിക്കുന്നതാണ് കുഴിച്ചു കുഴിച്ച് നിന്നെ അന്വേഷിച്ച് താഴേക്ക് പോയി നിൻ്റെ അന്തമളക്കുന്നതിന് വേണ്ടി നിന്റെ അവസാനം എവിടെയായിരിക്കുമെന്നറിയാൻ ഒരന്നവും പറന്നു ഒരു ഹംസം പറന്നു താഴേക്ക് കുഴിച്ചു കുഴിച്ചു പോയ പന്നിയും മുകളിൽ മുകളിലേക്ക് പോയ അന്നവും നിന്നെ ഇന്നും അടുത്ത് കാണാൻ കഴിഞ്ഞില്ല അടുത്തു കണ്ടതില്ല നിന്നെ ഇവർ രണ്ടുപേരും പോയിട്ടും നിൻ്റെ ആരംഭമോ നിൻ്റെ അവസാനമോ കണ്ടതില്ല ഇന്നോളം കണ്ടിട്ടില്ല നീ ഉടൻ ഇന്ദ്രിയങ്ങളോട് ജ്ഞാന കർമ്മേന്ദ്രിയങ്ങളോടൊപ്പം എന്നെ എടുത്തു വിഴുങ്ങി ജീവാത്മാവായ എന്നെ നിൻ്റെ സ്വരൂപത്തോടലിയിച്ചു ചേർത്ത് നടിച്ചിടും നൃത്തം വയ്ക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു നായക നാഥ ശിവായ നമ മംഗളസ്വരൂപനായ അവിടുത്തേക്ക് നമസ്കാരം നമോ നമ നമസ്കാരം ഇതൊരു സൂചിതകഥയും അതിനകത്തുണ്ട് അടിക്കു പന്നി പോയി ജീവാത്മാവിലെ ആത്മചൈതന്യത്തെ താഴേക്ക് അപാനനും മുകളിലേക്ക് പ്രാണനും സഞ്ചരിച്ചു പ്രാണാപാനങ്ങൾ ഒരിക്കലും സംയോജിക്കാതെ തിരിച്ചറിയാതെ പ്രാണൻ വേർപെട്ട് ജനിമരണങ്ങൾ വീണ്ടും ഉണ്ടായി ജനിമരണങ്ങളുടെ ഇതിഹാസമറിയാൻ പ്രാണാപാന സമായുക്ത യജ്ഞമായി വേണം അതൊരു തലം അത് വെഷ്ടി തലം പ്രാണനെ അപാനനിലും അപാനനിലെ പ്രാണ അപാനനെ പ്രാണനിലും ഹോമിച്ചിട്ട് പാനെ ജുഹതി പ്രാണം പ്രാണാപാനം തഥാപരി പ്രാണാപാനഗതിർമുക്ത്വ പ്രാണായാമ പരായണ പ്രഛർദന വിധാരണങ്ങളറിയുന്നവർ അവരങ്ങനെയാണ് ഇതിൻ്റെ അളവളക്കുന്നത് ജീവൻ്റെ ജീവനെ ഇളക്കാനായി ആളുകളൊക്കെ വിടുന്നത് ജീവനെ ഇളന്നാൽ പിണ്ടാട്ടത്തെ ഇളന്നാൽ ബ്രഹ്മാണ്ഡത്തെ ഇളക്കാം അതും പരാജയപ്പെട്ടാണ് നിൽക്കുന്ന അതിനേക്കാൾ കൂടിയതാണ് ഈ സൂചിതകഥ ജ്യോതിർലിംഗത്തിൻ്റെ ആരംഭമളക്കാൻ വിഷ്ണു വരാഹരൂപിയായിപ്പോയി കഥ കേട്ടിട്ടുണ്ടാവും ബ്രഹ്മാവ് അന്നമായി പറന്നുയർന്നു രണ്ടുപേരും കണ്ടില്ല കണ്ടതില്ല നിന്നെ അടുത്തു കണ്ടതില്ല നിന്നെ ഒരു രണ്ടുപേരും പോയിട്ടും നിന്നെ കണ്ടെത്താൻ കഴിഞ്ഞില്ല അല്ലയോ അഗ്നിശൈലമേ നീ എന്നെ ഇന്ദ്രിയങ്ങളോടുകൂടി ഉടനെ എടുത്തു വിഴുങ്ങി നിന്നോട് ചേർത്ത് നടമാടുമെങ്കിൽ ഹേ നായക നമശിവായ മംഗളസ്വരൂപനായ അങ്ങയ്ക്ക് നമോവാകം വീണ്ടും വീണ്ടും ഞാൻ നമിക്കുന്നു ഇതാണ് അവസാനം ഭഗവാനിൽ ലയിക്കുന്ന ശരണാഗതിയുടെ സർവോൽകർഷരൂപേണയുള്ള ഇതിവൃത്തം ഹേ നായകനായിരിക്കുന്നവനെ എനിക്ക് പ്രഭുവായിരിക്കുന്നവനെ അല്ലയോ ജ്യോതിർലിംഗമേ നിൻ്റെ ആരംഭമളക്കുന്നതിന് പന്നി വരാഹരൂപം ധരിച്ച് വിഷ്ണു പോയി അളക്കാൻ കഴിഞ്ഞില്ല നിൻ്റെ വലിപ്പമളക്കാൻ അന്നം ഹംസം പുറന്നു അളന്നില്ല താഴെ ഗൃഹസ്ഥന്മാർ നിന്നെ അളക്കുന്നതിന് ഭൂമി കുഴിച്ചു ഓരോ വിത്തിൻ്റെയും മൂലമളക്കാൻ പോയി നിൻ്റെ വലിപ്പമളക്കാൻ പരമഹംസന്മാർ ശ്രമിച്ചു ഇങ്ങനെ രണ്ടർത്ഥമുണ്ട് ഇപ്പോഴും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു ശ്രമം തുടരുന്നുണ്ട് നീ അളവറ്റവനായി നിലകൊള്ളുന്നു ഏ പ്രഭു നായക നിന്നെ ഇളക്കൻ ഹംസമെന്ന പ്രയോഗം ഗംഭീരമാണ് നീരക്ഷീര വിവേകിതു ഹംസോ ഹംസ ബഗോ ബഗ എന്നാണ് വെള്ളവും പാലും കൂടെ ചേർത്ത് അരയണ്ണത്തിന് കൊടുത്താൽ വെള്ളം തുപ്പിക്കളഞ്ഞ് പാൽ കുടിക്കുമെന്നാണ് ഐതിഹ്യം അനിത്യമായതിനെ തള്ളി നിത്യമായതിനെ മാത്രം കാണുന്നവനാണ് പരമഹംസൻ സന്യാസിമാരൊക്കെ അവർ നിന്നെ അളക്കാൻ മോളിലേക്കാണ് പോയ ഉത്തരായണ മാർഗത്തിൽ സുഖമാർഗത്തിൽ വിഹംഗമ മാർഗത്തിൽ മോളിലേക്കാണ് പറഞ്ഞേ ഈ കണായ ഗൃഹസ്ഥന്മാരെല്ലാം പിപീലികാ മാർഗത്തിൽ താഴേക്കാണ് പോയത് പിപീലിക മാർഗം എന്ന് പറഞ്ഞാൽ ഉറുമ്പ് ഉറുമ്പര അരിച്ചാൽ കല്ലും തെയ്യുമെന്ന മട്ടിൽ പതുക്കെ പതുക്കെയാ പോയെ ഇവരൊക്കെ പോയിട്ടും നിൻ്റെ ആഴം അളക്കാൻ കഴിഞ്ഞില്ല ഒന്ന് ചെയ്യാം നീ ഇന്ദ്രിയങ്ങൾ കൊണ്ട് അളക്കാൻ ശ്രമിക്കുന്ന എന്നെ ഇന്ദ്രിയങ്ങളോടൊപ്പം ഇനിയൊന്നും കാണാതിരിക്കാൻ ഈ ഇന്ദ്രിയങ്ങളോടൊപ്പം എടുത്തങ്ങ് വിഴുങ്ങുക നിന്നെ ലയിപ്പിക്കുക ഈ പാനപാത്രം എന്നിൽ നിന്നെടുക്കണമേ ഈ ചഷകം ഭുജിച്ച് ഭുജിച്ചെനിക്ക് മതിയായിരിക്കുന്നു ഇത് കേഴുന്ന പണിയാണ് എന്നെ അവിടുന്ന് അങ്ങയിൽ ലയിപ്പിക്കണമേ നാഥ പരമേശ്വര മംഗളസ്വരൂപനായിരിക്കുന്നവനെ അങ്ങയ്ക്കായിക്കൊണ്ട് എൻ്റെ നമസ്കാരം വീണ്ടും വീണ്ടും നമസ്കാരം ഇതാണ് ഗുരുദേവൻ്റെ സദാശിവ ദർശനം അതിൽ പഞ്ചാക്ഷരത്തിൽ സദാശിവനെ കാണിച്ചു തമ്മ നിലകൊള്ളുന്ന ഗുരുവിൻ്റെ പാതാരവിന്ദിൽ ഭക്തിപ്രശ്രയപൂർവ്വം പ്രണമിച്ച് ഗുരുക്കന്മാർ സമാധിയാകുന്നത് ആ പരമേശ്വരനിൽ ലയിക്കുകയാണ് ഇങ്ങനെ തന്നെ ആയിരിക്കാം പുണ്യശ്ലോകനായ പാരമ്പര്യ പ്രതിഷ്ഠ നേടിയിട്ടുള്ള ആ ആചാര്യവര്യൻ ലയിച്ചിട്ടുണ്ടാവുക അദ്ദേഹത്തിൻ്റെ പാവനങ്ങളായ സ്മരണങ്ങൾ സദാശിവ ദർശനത്തിലേക്ക് നമ്മെ എത്തിക്കട്ടെ ബാക്കി കാലുഷ്യങ്ങളിലൊന്നും നമ്മെ എത്തിക്കാതിരിക്കട്ടെ ഈ കാലഘട്ടത്തിൽ ഇങ്ങനെയുള്ള പുണ്യശ്ലോകന്മാരെക്കുറിച്ച് കേൾക്കാനും പറയാനും പഠിക്കാനും അവസരമുള്ളതുകൊണ്ട് ഏറ്റവും നല്ല കാലം ഈ കാലമായിരിക്കണം കലികാലം കാരണം ഭഗവത് ഉപാസനം ഭംഗിയായി നിർവഹിക്കാവുന്ന അത്രയേറെ വിഷയലോകങ്ങൾ ഉള്ളത് ദേവന്മാർ തപസ്വികളെ ഒന്നും ഉപദ്രവിക്കാത്ത കാലമാണ് കലികാലം മറ്റ് യുഗങ്ങളിൽ തപസ് ചെയ്താൽ വിഷയേന്ദ്രിയ വ്യാപാരങ്ങൾ കുറവായതുകൊണ്ട് ഉപദ്രവം കൂടും ഇന്ന് ഭർത്താവ് നല്ല ഉപാസകനാണെങ്കിൽ ഭാര്യയ്ക്ക് സന്തോഷമായി ഈ വയ്യാവലിയെ കൊണ്ട് അവിടെ ഇരുന്നോട്ടെ മക്കളെ അച്ഛൻ പൂജയിലാണ് ഭവനത്തിലാണ് ഉപാസനയിലാണ് ഒന്നും പറയാൻ പോകണ്ട അതങ്ങനെ തന്നെ അങ്ങ് പോട്ടെ നമുക്ക് നമ്മുടെ കാര്യം നോക്കാം എന്നൊരു വാശി വരുന്ന കാലമാണ് അതുകൊണ്ട് ഇത് നല്ല കാലമാണ് ഭാര്യ ഉപാസനയിലുമൊക്കെ ആണെങ്കിൽ ഭർത്താവ് പറയുന്നത് ഇതൊക്കെ തന്നെയാണ് എൻ്റെ ഏട്ടാ പറഞ്ഞിട്ടെന്താ കാര്യം രാവിലെ എഴുന്നേറ്റ് ഗുളിയും ദേവാരവും പൂജയും ഭവനവുമായിട്ട് കൂട്ടിയിരിക്കുക ഏതോ ഒരു സ്വാമിയാരെയോ ഏതോ ഒരു പക്വതയോ ഏതോ ഒരു സിദ്ധനയോ കണ്ടിട്ടുണ്ട് ഇനിയിപ്പോൾ നമ്മുടെ കാര്യമൊക്കെ വെള്ളത്തിലായി ഞാനിനി വല്ല വെള്ളവും കിട്ടണമെങ്കിൽ വേറെ വല്ലവരെയൊക്കെ കൊണ്ടു തീർത്തണം പിന്നെ ഒരു വേലക്കാരി ഉള്ളതുകൊണ്ട് സമയത്ത് ചായയും കാപ്പിയും ഒക്കെ കിട്ടുന്ന അപ്പോൾ പിന്നെ ശല്യവും നമുക്ക് തീർന്നു അവർക്കും ഭജിക്കാം ഇങ്ങനെ ഇത് നല്ല കാലമാണ് ഇനി ആരെങ്കിലും എവിടെരുന്നെങ്കിലും നാമം ചോദിച്ചാൽ അത് പോക്ക് കേസാണ് എന്ന് ബാക്കിയുള്ളവർക്ക് തോന്നുന്നത് കൊണ്ട് ഇത് വളരെ നല്ല കാലമാണ് ഇത്രയും നല്ല വഴിക്ക് നീങ്ങാൻ പറ്റിയൊരു കാലം കലികാലം പോലെ ഇല്ല അതീവ ശോഭനമായി കാലത്ത് ജനിക്കാനും പുണ്യശ്ലോകന്മാരായി ആചാര്യന്മാരെ സ്മരിക്കാനും അവരുടെ പാദകമലങ്ങളെ സ്പർശിക്കുവാനും അവർ നയിശമാർഗങ്ങളിലൂടെ സഞ്ചരിക്കുവാനും അവർ കാണിച്ചു ആ സദാശിവ ദർശനം സുസാധ്യമാക്കുവാനും കഴിയുന്ന ഈ കാലത്തിനും ആ കാലപുരുഷനും ഒരുപോലെ നമിച്ചുകൊണ്ട് ഇവിടെ വരുവാൻ യതീന്ദ്രനായ സമ്പ്രസാദ് ആചാര്യനായ സാമ്പ്രദായിക ഗുരുവായ സ്വാമി ചിന്മയാനന്ദൻ്റെ സങ്കല്പങ്ങൾ കൊണ്ട് സുശോഭനമായ അന്തരീക്ഷത്തിൽ പ്രാതസ്മരണീയനായ ഒരാചാര്യനെ ഗുരുനാരായണനെ സ്മരിക്കുവാനും ആ പാരമ്പര്യത്തിൻ്റെ കണ്ണി ഇഴചേർന്ന് നീങ്ങുവാനും ഇടയാക്കുന്ന സാമഞ്ജസ്യത്തിൽ ആനന്ദം പൂണ്ടുകൊണ്ട് ഞാൻ ഉപസംഹരിക്കുന്നു നിങ്ങൾക്ക് നമസ്കാരം അരിവും എൻ്റെ വാക്കുകൾ എൻ്റെ വൈഖരികൾ ഞാനുപയോഗിച്ച ശൈലി ഇത് നിങ്ങൾ വീണ്ടും വീണ്ടും വായിച്ചു വരുമ്പോൾ പോരായെന്ന് തോന്നുന്ന ഭാഗങ്ങൾ ആ കൃത്യവിലോപങ്ങളെല്ലാം വിശ്ലധങ്ങളായ ബിംബങ്ങളെല്ലാം അവയെല്ലാം എൻ്റെ അറിവില്ലായ്മയുടേത് മാത്രമാണ് ഞാൻ പറഞ്ഞ നല്ലതെല്ലാം എൻ്റെ പാരമ്പര്യത്തിൻ്റെ ചമൽക്കാരം മാത്രമാണ് എത്രത്തോളം എൻ്റെ തപസ്സും എൻ്റെ മേലുള്ള ഗുരുകാരുണ്യവും എൻ്റെ അച്ഛനമ്മമാരുടെ അനുഗ്രഹവർഷങ്ങളും ഒക്കെയുണ്ടോ അത്രത്തോളം മാത്രമേ നിങ്ങൾ എന്നിലൂടെ കേട്ടിട്ടുണ്ടാവൂ പോരായ്മകൾ സമസ്തവും എൻ്റെ പരിമിതിയുടേതാണ് അതിനുള്ള നിങ്ങളുടെ ഭത്സനങ്ങൾ നിങ്ങളുടെ തീർപ്പുകൾ എല്ലാം എന്നിൽ ഒതുക്കി നിർത്തണമേയെന്നപേക്ഷിച്ച് ഭാരതീയരും അഭാരതീയരുമായ പാശ്ചാത്യരും പൗരസ്ഥരുമായ ഭാവാതീതന്മാരായ എൻ്റെ ഗുരു കാരണവന്മാരുടെ ആരുടെ കാൽനഹേന്ദു പരീക്ഷികകളെയാണോ ഞാൻ എന്നും പിന്തുടരാൻ ആഗ്രഹിച്ചത് അവരുടെ നേരെ ഞാൻ നിമിത്തം ആ ഭത്സരങ്ങൾ നീട്ടരുതേയെന്നപേക്ഷിച്ചുകൊണ്ട് പോരായ്മകൾ അത്രയും എൻ്റെയും നന്മകൾ അത്രയും അവരുടേതുമാണ് ആ പുണ്യശ്ലോകന്മാർക്കായി ആ നന്മകൾക്ക് നിങ്ങൾ നമസ്കരിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ ഉപസംഹരിക്കുന്നു നിങ്ങൾക്ക് നമസ്കാരം ഹരിതം പ്രജ്വലിക്കുന്ന ദിവ്യസ്വന്ത സുജനതം വളർത്തി ശാന്താത്മാവൈ സദാതസ്മൃതിയോട് വിലസും ദൈവമേ സദ്ഗുരു നാരായണതൃപാദപത്മം തൊഴുന്നൻ ഗുരുവര കരുണാലേശമുണ്ടെന്നു വന്നാൽ ഒരുവനും ഒരു കാര്യം സത്യമല്ലാതെയുണ്ടോ പരമിതിലൊരു ദൈവം മറ്റെക്കില്ല പാർത്താൽ പരമശിവനദാചാര്യനെ കൈതൊഴുന്നൻ ഗംഗ സംഗീത മൗലിയിൽ മണിഗണം കൊണ്ടുള്ള മല്യങ്ങളും തുങ്കശ്രീ ചിതറുന്ന അണിഞ്ഞിടുന്ന കാലാന്തകൻ അംഗം പാതി ഗിരീന്ദ്രകന്യകഥനിക്കായിട്ടു നൽകിയിടുവാൻ ചങ്ങന്നൂരമരുന്ന് ശങ്കരൻ കറ്റം തുണച്ചീഴണം ഹരി ഓം ഹരി